മലമൂത്രാദികൾ സ്വച്ഛന്തം പോകുന്നതിൽ അപാനനാണ് പ്രവർത്തിക്കുന്നത് അപാനനെ പ്രവർത്തിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ആഹാര പദാർത്ഥങ്ങളിൽ ഒന്നാണ് ചക്കഗുരു മിതമായി കഴിഞ്ഞ പഴയ കാലത്ത് ഇത് നല്ലോണം തയ്ക്കും കാരണം എന്താ വെച്ചാൽ ഈ ചക്കഗുരുവെല്ലാം മൂടയ്ക്കിലും മൂന്ന് വധത്തില കേരളീയിൽ ഉപയോഗിക്കുന്ന ഒന്ന് മുറിയുന്ന ഗുരു അപ്പോഴപ്പോ ഉപയോഗിക്കും മുറിയാത്ത കുരുവെടുത്ത് മൂടയ്ക്കിടും മണ്ണിനകത്തിലും മണ്ണ് മണ്ണിനകത്തിട്ടാൽ മതി ഉണങ്ങിയ മണ്ണിനകത്തിലും അതിൻ്റെ കൂട്ടത്തിൽ കുറഞ്ഞു മീൻ കൂടിയിട്ടാൽ ചെതല് കയറിയിട്ട് തൊലി മുഴം തിന്നും അകത്തെ സാധനം ചെതല് തിന്നേലാ അത് പിന്നെ പൊളിക്കാനും ഇരിക്കേണ്ട പെണ്ണൊന്നിരുത് നേരെ കപ്പയുടെ കൂടെയോ അതുപോലെ പയറിൻ്റെ കൂടെയോ ഒക്കെ നല്ല മധുരം ഉണ്ടാവും എടുക്കുന്ന സീസണിൽ വെള്ളം വറ്റി കിടക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും നല്ല കർക്കിടക മാസത്തിലെ മഴ വരുമ്പോൾ ഇവനെ എടുത്ത് വളർത്താൽ ഇരുന്ന് നിന്ന് ഭാര്യയും ഭർത്താവും കൂടെ കൂടി മത്സരിച്ച് വെടിക്കെട്ടം നടത്തി സുഖമായിട്ടിരിക്കാം ശരിയല്ല മഴക്കാലത്ത് ഇതായിരുന്നു ഒരു വിനോദം അല്ലാതെ വേറെ വിനോദമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മഴക്കാലം ആവുമ്പോ പള്ളിപ്പറമ്പനാ ഉള്ളുടെ വെടിമരുന്നൊന്നും കത്തുക അപ്പൊ ഇതാവുമ്പോ കത്തും പള്ളിപ്പറല്ലേ ഇവിടെ അടുത്തുള്ളത് അല്ലെ വെടിക്കെട്ടുകാര ശരിയല്ല ഏ ആ മിഥുന കറിക്കട നല്ല കരൽവണ്ണത്തിൽ പെയ്യുന്ന മഴയും നോക്കിയിരുന്ന് ഒരു പണിയും ചെയ്യാൻ വയ്യാത്തപ്പോ ഈ ചക്കഗുരുവും വറുത്ത് തിന്നുകൊണ്ടിരിക്കുക ഒരു രസമായിരുന്ന പറഞ്ഞ വല്ലതും നിങ്ങക്ക് മനസ്സിലാവും ഏ പിന്നെ ഉപ്പുമാവ് ചക്കഗുരുവിന്റെ ഉപ്പുമാവ് കഴിഞ്ഞല്ലേ റവ ഉപ്പുമാവൊക്കെ തോക്കുകയല്ലേ പിന്നെ ഇത് നന്ദി സാധനങ്ങളിൽ എന്തെല്ലാം പരിപാടികൾ ചക്കഗുരുവിന്റെ ഹൽവ ഇതൊക്കെ ഗംഭീര സാധനങ്ങളാണ് ഇതൊക്കെ പുതിയ പേരുകളിലും പുതിയ ചാനലുകളിലും ഒക്കെ ഇറക്കിയാല് കാശിഷ്ടം പോലെ ഉണ്ടാക്കാം നിങ്ങളീ മുഖത്തിൽ എന്നതിൽ അമ്പത് ശതമാനം ചക്കക്കുരുവും ബാക്കി കളിവണ്ണുമാണ് അതുകൊണ്ട് വളരെ നല്ല സാധനമായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരോഗ്യം നിന്ന സാധനങ്ങളിൽ പെടുന്നതാണ് തേങ്ങ ചക്കഗുരു മുരിങ്ങക്ക ചഗുരുമരത്തിന്റെ ഗുരുവും തോമര പരിപ്പിന്റെ പരിപ്പും ചേർന്നൊരു കൂട്ടാൻ വെച്ചാല് അന്നാ കാർമ്മമാരൊക്കെ ഇടങ്ങണിയുടെ ചോറൊന്നും മനസിലായില്ല ചക്കക്കുരു ചക്കടലും ചേരാത്ത സാമ്പാറിന് സ്വാദുണ്ടാവില്ല പഴയ കാലത്ത് മനസിലായില്ല ഇത് വെച്ചും കഴിച്ചും ഒക്കെ ശീലവും ഉണ്ടാവ എവിടെ അരിഞ്ഞാകുമ്പോ പറഞ്ഞാലേ നല്ല തള്ളക്കി പിറക്കണ്ടേ സ്റ്റോർ ചെയ്യുന്ന ഒന്നും മണ്ണില് രണ്ടാമത്തെ പ്രയോഗം മുറിയാത്ത ചക്കക്കുരു എടുത്ത് നല്ല ചെമ്പുകലത്തിലിട്ട് അടച്ചു ഒരു കേടും വരില്ല ഒരു വെള്ളത്തിൽ അല്പം പോലും ഉണങ്ങി ഈ രണ്ട് പ്രയോഗവും പഴയ ആളുകൾ അതൊക്കെ അമ്മമാർക്ക് ഒരു വിനോദവരും അതിലെ സ്റ്റോർ ചെയ്യുന്ന രീതി അതിൻ്റെ അടുത്ത് ഉപയോഗിക്കുന്ന രീതി അതിൻ്റെ വിവിധങ്ങളായ വിഭവങ്ങൾ നല്ല പിഞ്ചു മുരിങ്ങക്കായോ മുരിങ്ങയുടെ പൂവെടുത്ത് ജഗദ്ഗുരുവും കൂടെ എങ്ങോട്ട് അരിഞ്ഞ് നല്ല ഒന്നാം തരം തോരൻ ഉണ്ടാക്കിയാൽ ഇവിടുത്തെ ഭാഷയിൽ പടക്കൻ ഭാഷയിൽ നല്ല ഉപ്പേരി ഉണ്ടാക്കിയാൽ ഒരടി അടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കട്ടുണ്ട് അത് തലയിൽ കീറും ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ അവരൊരു ചെറിയ ചവറപ്പ് രസമുണ്ട് അവ നേരെ തലയിലേക്ക് എല്ലും കഴിഞ്ഞാൽ ഒരു ചെറിയ മത്തം അത് കഴിഞ്ഞാൽ അവന് പുരുഷത്വം കൂടും ശക്തി കൂടും ഓജസ് വർദ്ധിക്കും മുരിങ്ങക്ക വളരെ ശക്തമായ സാധനമാണ് ഇതൊക്കെ തിന്നിരുന്ന കാലങ്ങളിൽ ഒരുമാതിരി പുരുഷന്മാർ പറഞ്ഞാൽ സ്ത്രീകൾ അനുസരിച്ചിരുന്നു ഇപ്പോഴിതൊന്നും കഴിക്കാത്ത ജാന്തപൊട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാവില്ലെന്ന് പറഞ്ഞ് വെണ്ണുങ്ങളിറങ്ങി അവരുടെ വഴിക്ക് പോകും ഇങ്ങനെ പറയുന്നത് ഇങ്ങനല്ലേ പറയുന്നത് ഏഹ് ഇത് കുറഞ്ഞ കൊല്ലം പറഞ്ഞാൽ ശരിയേ ഉള്ളൂ ഈ ഭാഷയൊക്കെ നിങ്ങൾക്കൊണ്ടോ മനസ്സിലാവുന്നുള്ളൂ ഇതൊക്കെ ഈ കാവ്യവിടുത്ത് മുള്ളങ്കി അരി അതുപോലെ തന്നെ കടുക് തുളസി കുടകപ്പാലി തുളസി തുളസി അരിയാണ് നല്ലത് കിട്ടിയില്ലെങ്കിൽ അല ഉപയോഗിക്കാം ഇവ എരുമ മോരിൽ അരച്ച് പുരട്ടിയാൽ എരുമത്തൈലുണ്ടാക്കി അതിലെ കടഞ്ഞെടുത്ത് അതിൻ്റെ മോരിൽ അരച്ച് പുരട്ടിയാൽ എത്ര പഴകിയ ക്യാൻസറും ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്നതാ കുടകപ്പാലയരിയും ശതകുപ്പയും കൂടി കുടകപ്പാലയരി ശതകുപ്പയും ചേർത്ത് എരി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്പീഡ് കൂടുതലാണെ പറയണേ എഴുതുന്നുണ്ടോ കുടകപ്പണോ കുടകപ്പാലരി ശതകുപ്പ അത് ഗോമൂത്രത്തിൽ അരച്ചു പുരട്ടിയാൽ അർബുദം പോവും ഗോമൂത്രം ഇതുപോലെ വളരെ ഫലപ്രദമായൊരു ഔഷധമാണ് മികവർ മുഴയായിട്ടുള്ള എല്ലാ ക്യാൻസറും എല്ലാ മുഴകളും പറ്റിപ്പോകും ശർക്കര അർബുദത്തിന് കൂടുതൽ ഫലപ്രദമാണെന്നുള്ളതേ ബാക്കിയുള്ളതൊക്കെ പോവും അരച്ച് പുരട്ടിയാ പോവും കഴിക്കുക പോലും വേണമെന്നില്ല അത്ര ഫലപ്രദമാണ് പഴയ ആളുകള് നല്ല ചെമ്പ് കാശ് കണ്ടിട്ടുണ്ടോന്നറിയില്ല അത് പഴിപ്പിച്ച് ഗോമൂത്രത്തിലിടും വീണ്ടും പഴിപ്പിച്ച് എള്ളെണ്ണയിലിടും ആദ്യം എള്ളെണ്ണയിലിടും പിന്നെ മോരിലിടും പിന്നെ ഗോമൂത്രത്തിലിടും അങ്ങനെയാണ് അതിന്റെ ഓർഡർ ഴി ആ തുളയം കാലണയില്ലേ അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു ഓട്ടമുക്കാല് കണ്ടിട്ടുണ്ടോന്നറിയില്ല ഓട്ടമുക്കാൽ അത് തുളയം കാലണ നിങ്ങള് ഓട്ടമുക്കാൽ എന്ന് പറഞ്ഞൊരെണ്ണം കണ്ടിട്ടുള്ള ഒരു ഇത്രയും പ്രായം നിങ്ങൾക്ക് ഉണ്ടോ ഇത് അറുപത് എഴുപതൊക്കെ കണ്ടെത്തി കാണാം അറുപതായിരം ആ അറുപത്തിനാലായിരം എഴുപതൊക്കെ കണ്ടെത്തി കത്തിച്ചു കാണാം പഴയ ഓട്ടമുക്കാല മൂന്ന് ചക്രം അവനെയാണ് ഓട്ടമുക്കാൽ എന്ന് പറയും മുക്കാൽ പണം നാല് ചക്രം ഒരു പണം പഴയ പഴയ ശ്രീമൂലം ചക്രം എല്ലായിടത്തും ഉണ്ടത് കേരളത്തിലല്ല ഈ ചക്രമൊക്കെ മറ്റു രാജാക്കന്മാർ അനുവദിച്ചു ഓടിയിരുന്നു ഒരു സമയത്ത് കാലണയൊക്കെ എവിടെ ഓടിയതും അങ്ങനെയാ ആ ഓട്ടമുക്കാല് പഴയ കാലത്തുണ്ട് അത് നല്ലതാണ് തുളയൻ കാലണ നല്ലതാണ് ആ കാലണ എടുത്തിട്ട് ആദ്യം പഴുപ്പിക്കും നല്ല കനലിൽ പഴുപ്പിച്ചെടുത്ത് നേരെ വെള്ളയിൽ മുക്കും പിന്നെ മോരിൽ മുക്കും പിന്നെ ഗോമൂത്രത്തിൽ മുക്കും എന്നിട്ട് ഈ സാധനം ഒരു കാഞ്ഞിരത്തിൻ്റെ തടി മുറിച്ചു കൊണ്ടുവരും ഒരു മീറ്റർ നീളമുള്ള ഏതാണ്ടൊരു നൂറ്റിപ്പത്തിയഞ്ച് വണ്ണമുള്ള കാഞ്ഞിരത്തിൻ്റെ തടിക്കഷ്ണത്തിനകത്ത് ഒരു തുളതുളച്ച് അതിൻ്റെ ഉള്ളിലൊരു തുളതുളച്ച് പച്ചക്കഞ്ഞലത്തിൽ തുളച്ച് ഈ നാണയം അതിനകത്തിട്ട് ആപ്പ് മേടി തികത്തീകും കനലിലിട്ട് അത് കംപ്ലീറ്റ് കത്തിത്തീരുമ്പോ പതുക്കെ ആ ആപ്പ് മേടിയ ഭാഗം എടുക്കുമ്പോൾ ആ കാലണ ഭസ്മമായി കാലണയുടെ ആകൃതിയിൽ അവിടെ ഇരിക്കും അതെടുക്കും അതിന് ചെമ്പു ഭസ്മെന്ന് പറയും നീച്ചുമുറയില് സാധാരണ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു എളുപ്പ വഴിയാണത് ആ സാധനം എടുത്ത് തൊട്ടാവാടി എല നീരിൽ അരച്ച് ഒരു അരിമണി വലിപ്പം കൊടുത്താൽ ശരീരത്തിൽ എവിടെയിരിക്കുന്ന ക്യാൻസറും കൂടും പഴയ വില്ലിമ്മമാരി അദ്വിതീയരും ചെമ്പ കൊടുക്കുന്ന തൊട്ടാവാടി എല നീരില് തേനും ചേർത്ത് അരിമണി കൊടുക്കും സംഹാരികളിൽ അഗ്രഗണ്യമാണല്ലോ മമായ വേദനാ സംഹാരില്ല അന്ന് ഈ കാരണ കിട്ടിയില്ലെങ്കില് പഴയ കാലത്ത് ഈ വൈദ്യുത കമ്പി മുറിച്ചതുണ്ടാവും കേബിള് മനസിലായില്ല അതിന്റെ ചെമ്പെടുക്കും എന്നിട്ട് ചുറ്റിയിട്ട് ഇതുപോലെ തൈലത്തില് മൂത്രത്തില് മോരില് മൂത്രത്തില് മുക്കി പഴുപ്പിച്ച് മുക്കി അതിതുപോലെ കാഞ്ഞിരത്തിൻ്റെ തടിക്കകത്ത് മേടി കത്തിച്ചെടുത്തു വളരെ ഫലപ്രദമായ ഒരു പ്രയോഗമാണ് പുടവിദ്യയിൽ ക്ഷിപ്രസാധ്യമാണ് കേരളത്തിലെ വീടുകളിൽ മരുന്നുകൾ പുടം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് കുമി സൂക്ഷിച്ചിരുന്നത് അതെല്ലാം അമ്മമാരായിരുന്നു ചെറിയ ചരാതുകളിൽ അവര് മരുന്നിട്ട് വേറൊരു ചരാതുകൊണ്ടടച്ച് ശീലമൺ ചെയ്ത് എടങ്കഴിയും രണ്ടടങ്ങഴിയുമൊക്കെ ഉമിക്കേർത്ത് നീറ്റിയെടുക്കുമ്പോൾ അമ്മമാരുടെ കയ്യിലെ കരവിരുതായിരുന്നു അപൂർവ ലബ്ധങ്ങളായ ആയിരം ആയിരം വൈദ്യമുറകൾ കണ്ണെഴുതാനുള്ളത് മുതൽ ഹൃദയത്തിനുള്ളത് വരെ ആയിരമായിരം പ്രയോഗങ്ങളായിരുന്നു ഒരമ്മയുടെ മസ്തിഷ്കത്തിൽ ഒരമ്മ സൂക്ഷിച്ചു വച്ചിരുന്നു അത് പഠിക്കാനോ അത് ഉൾക്കൊള്ളാനോ പോകാതെ എവിടെയോ പോയിരുന്നു ആപ്പൽ ബീഫോർ ബായ് എന്ന് പറഞ്ഞു കുറെ ഇംഗ്ലീഷ് പറയാൻ പഠിച്ച കൊച്ചമ്മമാരി നാട്ടിലുണ്ടായതോടുകൂടി മക്കളുടെയും ഭർത്താവിൻ്റെയും തന്തയുടെയും തള്ളയുടെയും ആയുസ് കുറഞ്ഞ് കിട്ടി ദേഷ്യമുണ്ടാവില്ല ദേഷ്യം വരൂല്ലേ സമി ദേഷ്യപ്പെട്ടു പോകും അതുകൊണ്ട് ഗംഭീര പ്രയോഗങ്ങളാന്നുള്ളവരുടെ കയ്യിലെന്ന് അതിന് തുല്യമായ പ്രയോഗങ്ങളൊന്നും ഒരു വിശക്കൂരന്റെ കയ്യിലില്ല എവിടെയോ ആരോഗ്യമോ ഉണ്ടാക്കി എന്ന് പറയുന്ന കുറേ മരുന്ന് എവിടെ നിന്ന് പറയുക കമ്പനികളും എവിടെയോ ഇരുന്നൊരു വിശക്കൂരൻ ഏതോ മേശയുടെ മോളിലെ ചില്ലിനടിയിൽ എഴുതി വെച്ചിരിക്കുന്ന കുറിപ്പെ നോക്കി ഇത് മുഴുവൻ തലയിൽ ഇരിക്കല തല പോയി ഇനി ഇതൊന്നും ഓർമ്മിച്ചിരിക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല വേണ്ട സമയത്ത് ഇതൊന്നും ഓർമ്മയും വരില്ല അന്നേരം ചില്ലിന്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നോക്കിട്ട് വീണോ ശരിയല്ല എന്നിട്ട് ഇത് കുറിച്ച് ഇത് ആരോ ഉണ്ടെന്ന് അന്ന് ഇത് കുടിച്ച് കൊളവാകുക എന്നാൽ ഈ അറിവിനെ കുറിച്ചൊക്കെ ഉള്ള ഹുങ്കോ ശരിയല്ല ഏ ഉത്സവങ്ങൾക്കൊക്കെ ഇപ്പൊ ഈ ഹിന്ദിയിലെ പദം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരുമാതിരി കുങ്കമ്മയായിട്ടാണ് മാറിയിരിക്കുന്നത് അല്ലേ അങ്കമ്മന്നല്ലേ അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഏപ്പമാക്കുന്നത് നല്ലപോലെ മറ്റു രവ വറക്കുന്ന പോലെ ഒന്ന് വറുത്തിട്ട് നല്ല കടുവ് വറുത്ത് അത് മൂത്ത് വരുമ്പോഴ് കുറെശ് വെള്ളം തെളിച്ച് പൊക്കി പൊക്കി എടുത്താൽ നല്ല ഉപ്പുമാ കിട്ടു പച്ചചക്കൂരു അല്ല വേവിച്ചിടക്കണം എന്നിട്ട് ഉപ്പുണ്ടപ്പ ഉപ്പ ഉണ്ടാക്കുന്ന പച്ചക്കപ്പേ ഉണ്ടാക്കില്ല വാട്ടി ഉണങ്ങിയപ്പോ അതായത് കടുക് കുറക്കുക ചക്ക കുരു പുഴുങ്ങി മാറ്റിവെക്കുക തേങ്ങയൊക്കെ ഇടയ്ക്ക നല്ല ടേസ്റ്റാണോ അപ്പൊ നിങ്ങളെക്കാളും വേദം ഞാനാണോ കുറെ റെസിപ്പിപ്പനിക്കാ കടുകിന്റെ ഇല കുട്ടിക്കാല ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ വീട്ടുമുറ്റത്തെന്നും ഒരു പത്ത് കടുകിന്റെ ചെടി ഉണ്ടാവും കണ്ടിട്ടുണ്ടോന്നറിയില്ല ഇപ്പൊ കാണാറില്ല അടുക്കളപ്പുറത്ത് ഈ കടുകിന്റെ ചെടി വെക്കുന്നതിന്റെ ഇലക്ക് വേണ്ടിയാണ് കണ്ണൊന്നും മുളയ്ക്കാറില്ല എന്നാ പിന്നെ ഇപ്പൊ മുളയ്ക്കണ്ടേ ഏ ഇത് വാരിയിട്ട് മുളപ്പിക്കുന്ന ആ കടുക് ഒരിക്കൽ പോലും താഴെ വീഴാൻ പാടില്ല കടുക് താഴെ വീണ കലഹം ഉണ്ടാകുന്ന അമ്മമാർ പഠിപ്പിച്ചിട്ടുള്ളത് ആ അപ്പൊ പിന്നെ കടുക് ചീമ താഴെ വീണ മുളയ്ക്കോ പൊട്ടയ്ക്കകത്തുന്ന തൂളാൻ പറ്റുമല്ലോ കാരണം കടുക് താഴെ പോകുമല്ലോ കടുകിൻ്റെ അവസാനത്തെ കഴുകു വരെ പുറക്കി എടുക്കും കടുകാദ്യം കഴുകി ഇണങ്ങി കൊണ്ടുവന്നാൽ കടുകുരുട്ടിയായി എടുക്കുന്നത് ആ കടുക് മേടിച്ചു കൊണ്ടുവന്ന വെടിയാണെങ്കിൽ സാധാരണഗതിയിൽ കഴുകാനൊന്നും നേരം കിട്ടിയില്ലെങ്കിൽ നല്ലൊരു പലകിയെടുത്ത് മുകളിലേക്ക് വെച്ചിട്ട് ഉരുട്ടിയായി എടുക്കുന്നത് അത് മുകളിലേക്ക് മുകളിലേക്ക് തൂത്ത് പൊടിയെടുത്ത് കളയും അപ്പോഴും കടുക്തി കാണുകയല്ല കടുക് പെറുക്കിയെടുക്കും കടുക് വരിയും പോകാൻ അമ്മമാർ സമ്മതിക്കൂല ഒരരി പോയാൽ ആ അരിയിലാണ് ആരോഗ്യ ഇരിക്കുന്നത് അന്നം ബ്രഹ്മേദി ബജാനാഥ് ഇന്നാണ് കാരണം വച്ചാൽ ആ കുറച്ചരിയല്ലേ അത് പെറുക്കാൻ പോയാൽ അത്രയും നേരം പോവും പോട്ടെ മനസ്സിലായില്ല അപ്പന്ന് കടുക് ഇട്ടുമുളപ്പിക്കുന്നതാണ് കടുക് മുളപ്പിക്കുന്നത് കടുുകിന്റെ ഇലക്ക് വേണ്ടിയാണ് കടുകിന്റെ ഇല വീട്ടിൽ അത്യന്തം അപേക്ഷിതാണ് കടുകല വേപ്പില കടുകിലയും വേപ്പിലയും ആടിന്റെ മൂത്രത്തിൽ അരച്ചു പുരട്ടിയാൽ ക്യാൻസർ പോവും അത് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുമ്പോ ചേർക്കുരു ശുദ്ധി ചെയ്തു ഉപയോഗിച്ച് അതുകൂടെ അരച്ചു പുരട്ടും പെട്ടെന്ന് പോവും കടുകില ആര്യവേപ്പില ചേർക്കുരു ചേർക്കുരു ശുദ്ധി ചെയ്യണം ചേർക്കുരു ഇല്ലാതെ പുരട്ടിയാലും പോവും ചേർക്കുരു ചേർത്താൽ വേഗം പോവും കേട്ടില്ല അത് അരച്ചു പുരട്ടിയാൽ അത് ആടിന്റെ മൂത്രത്തിൽ വേണം ആടും ആട്ടിൻ മൂത്രമൊക്കെ അന്ന് വീടുകളിലുണ്ട് കാരണം എല്ലാ വീടുകളിലും പുറത്തൊരു കല്ലില് സദാ വില്ലുവാതി ഗുളിക അരഞ്ഞു കിടക്കും കാരണം കാടൊക്കെ പാമ്പ് കടിക്കും പഴുതാര കടിക്കും മറ്റ് ജീവികളൊക്കെ കടിക്കും കീറൂലി കടിക്കും ഇല്ല ഏറാമ്പൂലി അതൊക്കെ കടിക്കും അതൊക്കെ കടിച്ചാൽ വില്ലുവാതി ഗുളിക വേണം അത് അവനവൻ തന്നെ അരച്ചു വെച്ചിട്ടുണ്ടാവും അരച്ച് കിടച്ചുകൊണ്ട് ഗുളിക ഉരുട്ടി വെക്കണമെന്നില്ല അത് സ്ഥിരമായി അരഞ്ഞോണ്ടിരിക്കും അപ്പൊ അമ്മമാരുടെ കയ്യിലെ കരവിരുത് അതൊക്കെയാണ് അവർക്ക് ഇതൊക്കെ ഒരു റിസർച്ച് പോലെയായിരുന്നു ജീവിതം ഓരോ പ്രയോഗങ്ങളും കൊണ്ട് അവരുടെ മനസ്സ് പൂർണമായിരുന്നു ഇപ്പൊ കാറണയുടെ പണിയില്ല റിസർച്ചും ഇല്ല ഒന്നും ഇല്ല പൊങ്ങച്ചം വളരെ കൂടുതലുമാണ് ശരിയല്ല ശരിയല്ല തോന്നി കേട്ടിട്ട് കുറയുന്നുണ്ടോ കേട്ട് കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ എനിക്കറിയാവുന്ന ഒരു പൊങ്ങച്ചൊലിങ്ങത്തൊലി ഞാനീ പറഞ്ഞ മരുന്നുകളില് മിക്കവാറും എല്ലാം നിങ്ങൾക്ക് നിത്യപരിചയമുള്ള സാധനങ്ങളാണ് ശരിയാണോ ഏ വളരെ അപൂർവമാണ് ദേവതാരം ഇവ രണ്ടും അരിക്കാടിയിൽ അരി അരച്ച് പുരട്ടിയാൽ അർബുദം പോവും ബ്രസ്റ്റില് മുതുകത്ത് പൊടിയില് കഴുത്തില് ഒക്കെ ചെറിയ മുഴകൾ ആരംഭിക്കുമ്പോ തന്നെ ഇതങ്ങ് പരട്ടിയാൽ ഒരു ഡോക്ടറേയും കാണേണ്ടി വരികയല്ല പറ്റിപ്പോവും പറയുകയും ചെയ്യും നീത്രഘടന വിഷമിക്കൊന്നുമില്ല ഇത് രണ്ടു നേരം പരട്ടുമ്പോ പോവും അമ്മയല്ലേ പറയുന്നെന്ന് പറഞ്ഞ് രണ്ടും വരട്ടും വരട്ടും അപ്പോഴേ പോവും കാക്കത്തുണ്ടി പേര് കാക്കാധന്യ എന്ന് സംസ്കൃതത്തിൽ പറയും കാക്കത്തുണ്ടി ക്യാൻസറില് അത്യന്തം ഫലപ്രദമായ ഒരു ഔഷധമാണ് കണ്ടിച്ച് കഴിയുമ്പോ അതിന് നടുക്കൊരു വട്ടം ഉണ്ടാവും അതാണ് അത് കണ്ടാ തിരിച്ചറിയാനുള്ള എളുപ്പി അങ്ങാടിന്ന് മേടിക്കുമ്പോ കാക്കത്തുണ്ടി വേര് അമരി വേര് പ്ലാസ്റ്റിൻ തൊലി ചമത പ്ലാസ്റ്റ് പഴയകാലത്ത് ഗർഭിണിക്ക് വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വേത് വേഗാനുപയോഗിച്ചിരുന്നാണ് നല്ല അണുനാശകമാണ് ആർത്തവം ഉണ്ടാക്കാൻ ഉത്തമമാണ് ചമതത്തൊലി കഷായം കൊടുത്താൽ ആർത്തവം നിന്നിരിക്കുന്ന സ്ത്രീകൾക്ക് ആർത്തവം ഇല്ലാതെ കുറെ ഹോർമോൺ ഗുളികകളേക്കാൾ വേഗത്തിൽ ആർത്തവം ഉണ്ടാവും പിന്നെ നല്ല കുരുവയും കൊള്ളാണ് ആട്ടിയെണ്ണ എടുക്കും പഴയകാലം ആ എണ്ണി അധികം കൊണ്ടുവരി നല്ല സാധനം ചമത പ്ലാസ്റ്റ് അത് നല്ല ഔഷധമാണ് അപ്പൊ ഇവിടെ കാക്കത്തൊണ്ടി വേര് അമരി വേര് പ്ലാസ്റ്റിൻ തൊലി നല്ല അരികഴുകിയ വെള്ളത്തിൽ അരച്ച് പുരട്ടിയാൽ ക്യാൻസർ പോവും വ്രണങ്ങളിൽ ഫലപ്രദവും ക്യാൻസർ ഉള്ള വ്രണങ്ങളിൽ ബലപ്രദവും പഴകിയ വ്രണങ്ങളിൽ ഒന്നാണ് പിച്ചകത്തില ശംഖുപുഷ്പം നേർമരുതിൻ തൊലി നേർമരുതിൻ തൊലി ശംഖുപുഷ്പം പിച്ചകത്തില അരച്ച് പുരട്ടിയാൽ എല്ലാ ക്യാൻസറും പോവും ഇത് വെന്ത വെള്ളം കൗൾ കൊണ്ടാൽ വായിലെ ക്യാൻസർ പോവും വായില് ചുണ്ടില് കൗളില് മോണയില് നാവില് ഒക്കെ ക്യാൻസർ വന്നാൽ പിച്ചകത്തലയും ശംഖുപുഷ്പവും നേർമരുതിൻ തോലും വെളുത്തതാണ് നല്ലത് കിട്ടിയില്ലെങ്കിൽ നീല ഉപയോഗിക്കാം ആ വെളുത്തത് കൊണ്ട് നീല ഇച്ചകത്തലാന്ന് പറയുന്നത് കാട്ടുപിച്ചകം അത് കിട്ടിയില്ലേ നാടൻ കാട്ടുപിച്ചക ആ പഴയ കാലത്ത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു ആ കാഠിന്യം അല്പം കൂടുതൽ ഉണ്ടാവും വെയിലത്ത് നില്ക്കുന്നോണ്ട് അതിന്റെ പൂവിനൊരു വെള്ളം വയലറ്റ് അടിയിൽ ഒരുണ്ടാവും കാറ്റി നിൽക്കുന്നതാണ് പിച്ചി എന്നും പറയും കവിൾ കൊണ്ടുവായിലെ ക്യാൻസർ പോവും അരച്ച് കാടിവെള്ളത്തിൽ അരച്ച് ലേപമായിട്ട് വരട്ടിയാൽ വ്രണങ്ങൾ ഉണങ്ങും ക്യാൻസർ പോവും മുഴകളുടെ മേലിട്ടാൽ മുഴ വറ്റും അത് കാടിവെള്ളത്തില് ചൂടാക്കിയിട്ട് കവിൾ കൊണ്ടാല് വായിലെ ക്യാൻസർ പമ്പ കിടക്കും കഴിച്ചാലും കുഴപ്പമില്ല കാരണം ഇത് മൂന്നും ധരിക്കാവുന്ന സാധനമാണ് മേടിക്കാവുന്നില്ല അടിവെള്ള വലിയ മെഡിസിനാണ് കഞ്ഞിവെള്ളം മെഡിസിനാണ് കാടിവെള്ളം മെഡിസിനാണ് പഴകിയ കഞ്ഞിവെള്ളം കൊണ്ട് എല്ലാ അണുക്കളും പോവും അതുകൊണ്ടാണ് വയറ്റിൽ അസുഖമുള്ള വീടുകളിൽ പണ്ടുകാലത്ത് മിച്ചം വരുന്ന് കഞ്ഞിട്ട് വടിച്ചേൻ്റെ മിച്ചമല്ല കലത്തിലെ മിച്ചം കഞ്ഞി അതിലേക്ക് ഒഴിക്കും പുളിശ്ശേരിയിലേക്ക് ഒഴിക്കും കാളനയിലേക്ക് ഒഴിക്കും സാമ്പാറൊഴിക്കും അവിയലതിലേക്കിടും തോരനയിലേക്കിടും എല്ലാം അതിനകത്തോട്ടുണ്ട് തട്ടും സാമ്പാർ മിച്ചം വന്നാൽ സാമ്പാർ ഒഴിക്കും ഇങ്ങനെ ഭരണിക്കകത്ത് ഒരു മണമൊക്കെ വരും നല്ല ഹോട്ടലിന്റെ ഉടികുഴിയുടെ സൈഡിൽ കൂടെ പോകുന്ന ഓണം വരും ആ പരുവത്തിലിരിക്കുമ്പോ ഇവനെ ഇങ്ങനെ നല്ലൊരു ഇളക്കിയെടുത്ത് കലത്തിനകത്ത് പണിസ്ഥലത്ത് കൊണ്ടുപോകും അതിൻ്റെ അടുത്തൊരു കാന്താരിയമുള്ളത് പൊട്ടിക്കും നല്ല ഗുളിയുണ്ടാവും അല്പം ഉപ്പ് ഇടും എന്നിട്ട് വലിച്ചു കുടിച്ച് പണിയും വേർക്കോടുകൂടി ഏറ്റവും കൂടുതൽ തണുപ്പ് കിട്ടുന്ന സാധനങ്ങളിലൊന്നാണത് വയറ്റിലുള്ള എല്ലാ രോഗങ്ങളും പോവും അതുകൂടാതെ ഇത് നെല്ല് കൊയ്യുന്ന സമയത്ത് കറ്റരി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും കറ്റരി എന്ന് പറയും കറുത്ത ഒരരി കണ്ടിട്ടുണ്ടാവും അതായത് ചാഴിയൊക്കെ പോയ നെല്ലിന്റെ അരി ആ സാധനം എടുത്ത് കൊഴുക്കട്ടുണ്ടാക്കി തിന്നും പഴയ വീട്ടുകാർ അതുപോലെ തന്നെ ആ അരിയിട്ടോ അല്ലെങ്കിൽ പൊടിയിൽ ഇട്ടോ ഇത് കഞ്ഞി കൊടുക്കും ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചു വരുമ്പോ അതിനകത്ത് കഞ്ഞി വെക്കുവാന്നേരം കാഴിക്കഞ്ഞെന്ന് പറയും ഒരുമാതിരി പ്രാവിലേക്ക് ഒരിയാൽ പ്രാവിലെ വളയുന്ന വരുവത്തില് കട്ടിയായിട്ടിരിക്കും കണ്ടിട്ടില്ല ഏ അത് പുളിയും മുളകും പൊട്ടിച്ച് ചേർത്ത് കുടിക്കും ഒരു വർഷത്തേക്ക് പിന്നെ മരുന്നൊന്നും വേണ്ട ഒരു കല്പസേവയാവും ദാരിദ്ര്യം കൊണ്ട് കഴിക്കുന്നതല്ല ഇത് മരുന്നായിട്ട് കഴിക്കുന്ന ചിലത് പതിനഞ്ചു ഇരുപത് ദിവസങ്ങളെ കിടക്കും ചിലടത് മാസങ്ങളോളം കിടക്കും ഇതിനകത്ത് തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കും ഇതിന്ന് മുക്കോണ്ടിരിക്കും ശ്രദ്ധിച്ചില്ലെങ്കില് പുഴുവരും അടച്ചു വെക്കണം നല്ലവര് പഴക്കൽ ഭരണി ആ ചീന ഭരണി ആവിടുന്ന് വരും പഴയ പ്രയോഗങ്ങളാണ് നിങ്ങള് കുടിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ രക്തത്തിലും മജ്ജയിലും കാണും തന്ത്ൻ തള്ളയൊക്കെ കുടിച്ചിട്ടുണ്ടാവും അതിന്നെല്ലാം നിങ്ങൾ ഉണ്ടായി ഇനിക്ക് കുടിച്ചില്ലെന്നവർ തറപ്പ് വിചാരിച്ചിട്ടൊരു കാര്യമൊന്നുമില്ല പഴയ കാലത്ത് ഇത് കുടിച്ചില്ലേ പെണ്ണുങ്ങൾക്ക് യാതൊരു രസവും ഉണ്ടാവില്ല എന്താ ഒരു സാധാരണഗതി പുരുഷന്മാർക്ക് കൊടുക്കാറില്ല പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്ന് കുടിക്കുന്ന പിന്നെ ആരെങ്കിലും ഈ ഉത്തരന്മാര് നാട്ടിലുണ്ടെങ്കിൽ മനസിലായില്ല നാട്ടിൻപ്രതി ഭർഗീരി കൊടുക്കുകയും പെണ്ണുങ്ങളുടെ അടുക്കൽ ഒരുമാതിരി രസം പറയുകയും ഒക്കെ ചെയ്ത് ഉത്തരൻ എന്ന് അങ്ങനെ ഉള്ളവനെ ഏ ഉത്തരൻ അതായത് പഴയ നമ്മുടെ ിലെ കക്ഷിയാണ് അങ്ങനെയുള്ള പാർട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പെണ്ണുങ്ങളുടെ കൂടെ കുടിക്കും കാരണം വെച്ചാൽ അവർക്ക് കിട്ടും അവർക്ക് കൊടുക്കും കാരണം അവരുമല്ല ഉറക് പെട്ടാനോക്ക് വരുമ്പോ നല്ല ഗാടിക്കഞ്ഞുണ്ട് വേണമെന്ന് ചോദിക്കും കൊടുക്കും ഞാനീ പറഞ്ഞ എഴുതി കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യുവോ ചെയ്യാണ് എന്നെ ഒന്ന് വിളിച്ചു പറയണമെങ്കിൽ ഞാൻ പറഞ്ഞ വിപരീതമായിട്ടൊന്നും ചെയ്തേക്കരുത് കടുക്ക ഏ പൊള്ളും ഞാൻ പറഞ്ഞാണല്ലോ വിട്ടെ ചുണ്ണാമ്പ് കൈയിൽ മുക്കിയിട്ട് ചെയ്താൽ പൊള്ളുകല്ല അല്ലെങ്കിൽ ചാണകത്തിൽ കൈ മുക്കിയിട്ട് കൊടുവയിൽ എടുത്താൽ അധികം പൊള്ളുകല്ല അല്ലെങ്കിൽ പൊള്ളും പി കടുക്ക വരട്ടുമൽ ദേവതാരം തളുതാമ വേര് കൊട്ടം മുരിങ്ങ വേര് കാഞ്ഞിരവേര് ഇല്ലക്കരി ഉള്ളാടക്കരി ഇക്കിരി പുകയറ ഇതെല്ലാം ഒരേ സാധനമാണ് കേട്ടോ എല്ലാം കൂടെ എഴുതി ചേക്കരുത് എന്നിട്ട് ഉള്ളാടിനെ തേടി പോകരുത് കരി ഉള്ളിലെ അട്ടത്ത് വരുന്ന കരി ഉള്ളട്ടക്കരി ഉള്ളാടക്കരി ഇല്ലത്തിന്റെ അട്ടത്ത് വരുന്ന കരി ഇല്ലക്കരി ഇല്ലത്തുള്ളവര് പറയുമ്പോ മനസ്സിലായില്ല അട്ടത്തെ കരി അട്ടക്കരി ഇക്കിരി ഈ പേരെല്ലാം ഇതിനുള്ളതാണ് ക്കരി എന്നും പറയും അതാണ് എനിക്ക് തോന്നുന്നത് ഈ കോലഞ്ചേരി തൃപ്പൂണിക്കുറ ഭാഗങ്ങളിലെ ഭാഷ ഇല്ലനക്കരി ഇല്ലം അനക്കുന്ന കരി പിന്നെ പുകയറ ഇതെല്ലാം ഒരേ പേരാണ് അത് കരിയം കറുത്തയ്യം ഇത്രയും കള്ളിയിലെ നീരിൽ അരച്ച് പുരട്ടിയാൽ ഏത് ട്യൂമറും പോവും കള്ളി കള്ളി കള്ളിപ്പാലാന്ന് അതുകൊണ്ട് പാവ് വളരെ സൂക്ഷിച്ചു വേണം കൊടുക്കാൻ പാവ് കഴിക്കുമ്പോൾ ഭക്യം നല്ലോണം നോക്കണം എരുവും പുടിയൊന്നും കഴിക്കരുത് ചൈനയിൽ നിന്ന് വരുന്ന ഒരു മരുന്നാണ് പാവെന്നൊരു അങ്ങാടിക്കടയിൽ കിട്ടും ആ ചീനപ്പാവ് അത് ശുദ്ധി വേര് കഷായം വെച്ചതിൽ വക്ഷിച്ചെടുക്കുകയാണെങ്കിൽ പൂവളത്തിന്റെ പേര് കഷായം വെച്ച കഷായത്തിൽ ചീനപ്പാവ് മുറിച്ചിട്ട് വച്ചെടുത്താൽ ശുദ്ധിയായി പാലിൽ പുഴുകിയെടുക്കുന്നവരുമുണ്ട് നല്ലതും മറ്റതാണ് ശുദ്ധി ചെയ്ത ചീനപ്പാവ് കരിഞ്ചീരകം ക്യാൻസറിലെ ഏറ്റവും ദിവ്യഔഷധങ്ങളിലൊന്നാണ് കരിഞ്ചീരകം പഴയ കാലത്ത് കരിഞ്ചീരകം എള്ളെണ്ണയിലോ വെളിച്ചെണ്ണയിലോ പൊടിച്ചിട്ട് വെയിലത്ത് വെച്ച് സൂര്യസ്ഫുടം ചെയ്ത് ചോന്ന ഒരെണ്ണ കിട്ടും കുട്ടികളെ തേപ്പിക്കും ജനിച്ച് പതിനൊന്ന് വയസ്സുവരെ ഈ എണ്ണ തേൽപ്പിക്കുന്ന കുട്ടിക്ക് ക്യാൻസർ എന്നൊരു രോഗം വരില്ല പഴയ കണക്കഥ മുറുക്കിയും തേക്കും പക്ഷെ വെയിലത്ത് വെച്ചാണ് കൂടുതലും നല്ലത് സൂര്യസ്ഫുടമാണ് നല്ലത് കണ്ടിട്ടില്ലേ എണ്ണ ഏഹ് കരിഞ്ചീരകമായിട്ട് മുറുക്കുകയും ചെയ്യും അപ്പഴും ചോന്നിരിക്കും കരിഞ്ചീരകം വെള്ളം എന്ത് കുടിക്കും അതും ക്യാൻസറിന് നല്ലതാണ് ഇടയ്ക്കൊക്കെ കുറച്ച് വെള്ളം കുടിച്ചാൽ ഈ രോഗം വലിയല്ല കുട്ടികൾക്ക് വെളിച്ചെണ്ണ പദ്യമായവർക്ക് വെളിച്ചെണ്ണ കരിഞ്ചീരക ഇട്ട് തേക്കും എള്ളെണ്ണയായിട്ടുള്ളവർക്ക് എള്ളെണ്ണ കരിഞ്ചീരക ഇട്ട് തേക്കും രണ്ടും നല്ലതാണ് ചില അമ്മമാർ അല്പം പ്രയോഗം കൂടെ പ്രയോഗിക്കും കുറച്ച് ആവണക്കെണ്ണ ശുദ്ധമായത് ചേർക്കും കാരണം തേപ്പിച്ചാൽ ഉടനെ വയറിളകിക്കുള്ളൂ പിന്നെ ഇതിന് പുകലത്തിരിയൊന്നും വെക്കാൻ പോകണ്ട മറ്റേ ചില കുട്ടികൾക്ക് ശോധന കുറവായിരിക്കും അല്പ ആവണക്കെണ്ണയങ്ങ് ചേർത്ത് കൊടുത്താൽ നെറുകയിലേക്ക് വെച്ചു കഴിഞ്ഞാൽ എണ്ണ നെറുകെ തേപ്പിക്കും തറയിലേക്ക് കിടത്തും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു തേടിയടിക്കും കൊച്ചു കാലിട്ട് ഒരടിയടിക്കും മറ്റേത് ഒരു അടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് സമാനമായി കാരണം വെച്ചാൽ പണിയെടുപ്പായി വിചാരിക്കുമ്പോൾ സാധനം പോയി പിന്നെ അടുത്ത ദിവസം തേൽപ്പിച്ച് കിടത്തുമ്പോൾ അന്നേരം പോകുള്ളൂ